ധ്യായം പന്ത്രണ്ട് യഹോവിയുടെ എളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ മത്സരഗ്രഹത്തിന്റെ നടുവിൽ പാർക്കുന്നു കാണാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല അവർ മത്സരഗ്രഹമല്ലോ ആകയാൽ മനുഷ്യപുത്ര നീ യാത്രക്കോപ്പ് ഒരുക്കി പകൽ സമയത്ത് അവർ കാണുക അവർ കാണുക നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക മത്സരഗ്രഹമെങ്കിലും പക്ഷേ അവർ കണ്ട് ഗ്രഹിക്കുമായിരിക്കും യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണെ പുറത്തു കൊണ്ടുവരേണം വൈകുന്നേരത്ത് അവർ കാണുകെ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടണം അവർ കാണെ നീ മതിൽ കുത്തി തുരന്ന് അതിൽ കൂടി അത് പുറത്ത് കൊണ്ടുപോകേണം അവർ കാണുക നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടേണം നില കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളണം ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് ഒരു അടയാളം ആക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു യാത്രക്കോപ്പ് പോലെ ഞാൻ എന്റെ സാമാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു വൈകുന്നേരത്ത് ഞാൻ എന്റെ കൈകൊണ്ട് മതിൽ കുത്തി തുരന്ന് ഇരുട്ടത്ത് അത് പുറത്തു കൊണ്ടുവന്നു അവർ കാണുക തോളിൽ ചുമന്നു എന്നാൽ രാവിലെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര മത്സരഗ്രഹമായ ഇസ്രയേൽ ഗ്രഹം നിന്നോട് നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഈ അരുളപ്പാട് എരുശലേമിലെ പ്രഭുക്കന്മാർക്കും അവരുടെ ചുറ്റും പ്രയേൽ ഗ്രഹത്തിനൊക്കെയും ഉള്ളത് എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറ ഞാൻ നിങ്ങൾക്ക് ഒരു അടയാളമാകുന്നു എന്ന് നീ പറക ഞാൻ ചെയ്തതുപോലെ ഭവിക്കും അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി അവരുടെ ഇടയിലുള്ള പ്രഭു ഇരുട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും അത് പുറത്തു കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തിത്തുരക്കും കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും അവൻ എന്റെ കണിയിൽ അകപ്പെടും ഞാൻ അവനെ കൽതേറുടെ ദേശത്ത് ബാബേലിൽ കൊണ്ടുപോകും എങ്കിലും അവനതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും അവന്റെ ചുറ്റുമുള്ള സഹായക്കാരെയൊക്കെയും അവന്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ നാലു ദിക്കിലേക്കും ചിതറിച്ചു കളയും അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല മിളച്ഛതകളെയും വിവരിച്ചു പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ ാമം മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും ഞാൻ യഹോവയെന്ന് അവർ അറിയും യഹോവയുടെ എല്ലപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യും ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത് യരുഷലേം നിവാസികളെയും ഇസ്രായേൽ ദേശത്തെയും കുറിച്ച് യഹോവയായ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസം നിമിത്തം അതിന്റെ നിറവോടുകൂടെ ശൂന്യമായി പോകുന്നതുകൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം നിർജ്ജനവും ആയിത്തീരും ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര കാലം നീണ്ടുപോകും ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രയേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഈ പഴഞ്ചൊല് നിർത്തലാക്കും അവർ ഇസ്രയേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കേയില്ല കാലവും സകല ദർശനത്തിന്റെയും നിവർത്തിയും അടുത്തിരിക്കുന്നുവെന്ന് അവരോട് പ്രസ്താവിക്ക ഇസ്രയേൽ ഗ്രഹത്തിൽ ഇനി മിഥ്യാദർശനവും വ്യാജപ്രശ്നവും ഉണ്ടാകയില്ല യഹോവയായി ഞാൻ പ്രസ്താവാനിച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവർത്തിയാകും മത്സരഗ്രഹമേ നിങ്ങളുടെ കാലത്തു തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേൽ ഗ്രഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആകുന്നു പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കേയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്